ാഹിബാ ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ പടച്ചു തമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അതിന് ട്രംപുൽ അഹിസത്ത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസികളെ സഹോദരമാക്കെ മനുഷ്യർ എന്ന നിലക്ക് നമ്മളൊക്കെ വളരെ ദുർബലരാണ് ആ ദുർബലത നമ്മളെ കൊണ്ട് പലപ്പോഴും പടച്ചു തമ്പുരാനും അവൻ്റെ ഹബീബായ റസുൽ കരീമും മുഹമ്മദ് മുസ്തഫ സ്വലതലമങ്ങളും പഠിപ്പിച്ചിട്ടില്ലാത്ത ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നു നമ്മുടെ ഈ ലോകത്തിൻ്റെയും ഏത് നിമിഷവും ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെയും വിജയത്തിന് വേണ്ടി അനിവാര്യമായി നിർബന്ധമായി നമ്മുടെ മേൽ ഒരു ബാധ്യത പോലെ കടന്നു വരുന്നൊരു വിഷയമാണ് നിരന്തരമായി കാലങ്ങളോളം തെറ്റ് ചെയ്യുന്നു എന്ന നിലക്ക് പാപങ്ങൾ സംഭവിക്കുന്നവരാണ് എന്ന നിലക്ക് സ്വാഭാവികമായും നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതായിപ്പോണം അതിന് ഏറ്റവും അനിവാര്യമായി അത്തരമൊരു വിഷയത്തെപ്പറ്റി ചർച്ച തുടങ്ങുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്തയുണ്ട് അതെ പശ്ചാത്താ പാപമോചന പ്രാർത്ഥന ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിക്കൊണ്ടുവരണം അതിലുപരി ഭക്ഷണം വസ്ത്രം വെള്ളം പാർപ്പിടം എന്നതിലേറെ അല്ലെങ്കിൽ അതുപോലെ നമ്മോട് കൂടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അള്ളാഹോടുള്ള പാപമോചന പ്രാർത്ഥനകൾ കൂടെ വരണം എപ്പോഴും പഠിച്ചവരോടുള്ള ഒരു അടക്കം വഴി നമ്മുടെ റൂട്ട് തെറ്റിയാൽ അബദ്ധം സംഭവിച്ചാൽ അവൊക്കെ അവിടെ നിന്ന് സുബദ്ധത്തിലേക്ക് ശരിയായ റൂട്ടിലേക്ക് തിരിച്ചു അനിവാര്യമാണല്ലോ സ്വാഭാവികമാണല്ലോ മനുഷ്യന്റെ മനുഷ്യന്റെ ബുദ്ധി മനുഷ്യന്റെ പ്രകൃതി മനുഷ്യനോട് ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ റബുർ അൽസത്ത് അവനെ വിശ്വസിച്ച അവൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അനുഗമിക്കുന്ന അതിനെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളോ സത്യവിശ്വാസികളോടായി പടച്ചതമ്പരൻ പറഞ്ഞു തരുന്നൊരു വാക്കുണ്ട് അല്ല പറയാ എത്ര ആവർത്തിത വാക്കുകളായിട്ട് നമ്മൾ കേട്ടാന്ന് അറിയുന്നു അല്ലേ വിശ്വാസികളെ നിങ്ങൾ എല്ലാ ഹുവിംഗിലേക്ക് നിഷ്കളങ്കമായി മടങ്ങണമെന്ന് തൗപത്തല്ലാത്തൊരു പദമാണ് ആ ഒരു പദത്തെ നിലവിലുള്ള നമ്മുടെ ഭാഷയുടെ പരിധിയിൽ നിന്ന് വിശദീകരിക്കുക അസാധ്യമാണ് കാരണം അതിനെ വിശദീകരിക്കാൻ അനുയോജ്യമായൊരു മലയാള പദം ഇല്ല മലയാളത്തിലില്ല അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് ഒരു മടക്കം മനുഷ്യ അനിവാര്യമാണ് ഇവിടെ നമ്മളോട് റബ്ബൽ വിജത്ത് പഠിപ്പിക്കുന്നത് തൗബ ചെയ്യണമെന്നാണ് തൗപ വേണമെന്നാണ് തിരിച്ചു വരണമെന്നാണ് താപ എന്ന വാക്ക് അറബി മലയാള അറബി ഭാഷയിലൊരു പദം താപ നമ്മൾ എപ്പോഴും പറയുന്നൊരു പദം മടങ്ങി ന എന്തിൽ നിന്ന് എന്തിലേക്ക് അതൊരു വല്ലാത്ത പദം മടങ്ങി തെറ്റിൽ നിന്ന് മടങ്ങി കുറ്റങ്ങളിൽ നിന്ന് മടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളിൽ നിന്ന് മടങ്ങി എന്തിലേക്ക് അള്ളാഹവിംഗിലേക്ക് സുറാത്തുൽ മുസ്തഖിമിലേക്ക് വഴിതെറ്റിയടത്ത് നിന്ന് നേരായ വഴിയിലേക്കുള്ള മടക്കം അതിനാണ് ശരിക്കും നേർ പറഞ്ഞാൽ തൗവ എന്ന് പറയുക ചെയ്തു പാപങ്ങളിൽ നിന്നുള്ള ഒരു മടക്കം അതാണ് ഞാൻ സൂചിപ്പിച്ചത് നേരായ പാതയിലേക്ക് ശുദ്ധമായ പ്രകൃതിയിലേക്ക് കളങ്കമില്ലാത്ത തെറ്റ് പറ്റിയിട്ടില്ലാത്ത പാപങ്ങളെ പറ്റി ബോധമില്ലാതെ നമുക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അള്ളാഹു പഠിപ്പിച്ചത് എല്ലാ മക്കളും ജനിക്കുന്ന ശുദ്ധ പാപം ചെയ്യാത്തവരായി തെറ്റ് ചെയ്യാത്തവരായി കുറ്റങ്ങളറിയാത്തവരായി നമ്മളിവിടെ കുത്തുമകളിലൂടെ കഴിഞ്ഞ ആഴ്ച വരെ എന്റെ ശരിയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഹത്തിളടക്കം സൂചിപ്പിച്ച നിരവധി സൂക്ഷിക്കേണ്ട പാപങ്ങൾ ഈ പാപങ്ങൾ മുഴുവൻ വിശദീകരിക്കുകയും ഇനിയും ഇനിയും ഒരുപാട് പാപങ്ങൾ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കാൻ ബാക്കി നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വിശദീകരിച്ചു പോയ പാപങ്ങൾ വരെ അതൊക്കെ നമ്മളെത്തിപ്പെടുത്തുന്നത് നമ്മളെ ചെന്നെത്തിക്കുന്നത് അനന്തമായ നരകത്തിന്റെ തീക്കുണ്ടത്തിലേക്കാകുമെന്ന ഒരു ശക്തമായ ബോധം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് മാർഗം പരിഹാരമായി എന്തുണ്ട് സ്വാഭാവികമായും വിശ്വാസിയുടെ മനസ്സിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വാചകം പഠിച്ചോനെ പുറത്തു കൊണ്ട് രാധ വന്നുപോയി അറിവില്ലായ്മയെ കൊണ്ട് വന്നതാണ് ഒരു പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാകാം പഠിച്ചോനെ അതുകൊണ്ട് തന്നെ നീ കാരുണ്യവാനാണ് നീ ഒന്ന് ാണ് നിന്റെ നാമ ഗുണ വിശേഷങ്ങൾ മുഴുവൻ പഠിക്കുമ്പോഴും അവിടെയൊക്കെ എല്ലാ വസ്തുക്കളുടെ വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഒരിക്കലും ഒരിക്കലും തന്നെ മഹാന്മാരായ സ്വയപത്തിനൊക്കെ നേടിയെടുക്കാനായ ആ പുണ്യത്തിന്റെ നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും കൊല്ലാനിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആരും പോയിട്ടില്ല ഒരിക്കലും തന്നെ പലരും ഇഷ്ടവാചനങ്ങളായി മാറുന്ന ഒരു നിലവാരത്തിലേക്ക് പാപങ്ങളിൽ നിന്ന് അവർ തിരിച്ചു പോയിട്ടുണ്ട് റബ്ബെ പക്ഷെ ഞങ്ങൾ ആരും തന്നെ ഇന്ന് വരെ ഇന്ന് വരെ പാപങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട് സ്വാഭാവികമായും റബ്ബർവാനാണ് എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നത് ഏതാണോ അതൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട് അതുകൊണ്ട് സ്വാഭാവിക സ്വാഭാവികമാണ് അതിന് പശ്ചാത്താപം അനിവാര്യമാണ് ലോകം അല്ലേ പശ്ചാത്താപത്തിന്റെ ലോകം ശരിക്കും സഹോദരങ്ങളെല്ലാം നാലിച്ച് നോക്കിയും ഇസ്ലാം പഠിപ്പിക്കുന്ന കാരുണ്ഡിവാൻ ആയ പടച്ച നമ്പുരൻ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ ആ തെറ്റുകൾക്ക് മുഴുവനും മുഴുവനും ആത്മാർത്ഥമായ പശ്ചാത്താപം പരിഹാരമാണ് തീർച്ചയായും പരിഹാരമാണ് ഒരു നിരാശയിൽ നമുക്ക് വേണ്ട പ്രതീക്ഷ അത് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു നിരാശയാകട്ടെ മരിക്കാനും അല്ലെങ്കിൽ മടുപ്പിന്റെ ഒരു നരകത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നിരാശ കടന്നു അതുകൊണ്ട് വിശ്വാസിക്ക് വേണ്ടത് പ്രതീക്ഷയാണ് ഇവിടെയാണ് ഇസ്ലാം മനുഷ്യന്റെ മുന്നിലേക്ക് വെക്കുന്നത് അള്ളാഹുബിന്റെ വിധി റബ്ബിന്റെ നിയമത്തെ ശരിയായിട്ടിനെ അത് അവഗണിക്കൽ ധിക്കരിക്കൽ അത് മഹാ അപകടകരമാണ് ആ ധിക്കാരമാണ് നമ്മളെനിഷ്ഠിക്കുന്ന ഓരോ പാപങ്ങളിലൂടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അബദ്ധം എന്നിൽ നിന്ന് വന്നാൽ അത് പടച്ചവന് ഇഷ്ടപ്പെടാത്തതാ ഒരു സുബദ്ധം എന്നിൽ നിന്ന് വന്നാലോ അത് അഭിഷ്ടപ്പെടുന്നതാ ഏതാണ് നല്ലത് എന്ന് നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് പറഞ്ഞു അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നതിനെ പറ്റി കൃത്യമായൊരു ബോധമുണ്ടായാൽ പിന്നീട് നമുക്ക് ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരാനുള്ള ധാരാളക്കണക്കിന് സാഹചര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പടച്ചുതമ്പുരാൻ അഥവാ ഇസ്ലാമിനെതിരാ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഏത് പാപവും ഏത് പാപവും സ്വന്തം ഭാര്യയോട് മോശമായി പെരുമാറുന്നത് സ്വന്തം ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്നത് സ്വന്തം മക്കളോട് ധിക്കാരത്തോട് കൂടി വർത്തിക്കുന്നത് സ്വന്തം മാതാപിതാക്കളോട് കാരുണ്യത്തോടുകൂടി സഹവർത്തിക്കാത്തതുവരെ ഏതേത് നമ്മൾ നിസ്സാരമായ ജീവിതത്തിന്റെ മേഖലയിൽ വന്നുപോണ ഓരോ കാര്യങ്ങളും പടച്ച റബ്ബ് വെറുക്കുന്നതാണ് ഇഷ്ടപ്പെടാത്തതാണ് അത് റബ്ബിന്റെ ദീനിനെതിരാണ് രണ്ടാമത്തത് അവനവൻ ജീവിതത്തിനെതിരാണ് മൂന്നാമത്തത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സുന്ദരമായ ഓരോ മുന്നോട്ടുള്ള പോക്കിനും അത് തടസ്സമാണ് അതുകൊണ്ട് തന്നെ പാപങ്ങൾ മനുഷ്യരുമായി യോജിക്കുന്നില്ല തിന്മ മനുഷ്യരുമായി യോജിക്കുന്നില്ല തിന്മയ്ക്ക് മനുഷ്യരുമായി യാതൊരു യോജിപ്പില്ല അത് പാപം പിശാചിന്റേത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ പാപങ്ങളും പാപകാരണങ്ങളും നീചമാണ് പാപങ്ങൾ മാത്രല്ല പാപകാരണങ്ങളും നിജമാണ് ആ പാപത്തിൽ നിന്നും പാപ കാരണങ്ങളിൽ നിന്നും അതിൽ നിന്ന് മടങ്ങൽ അനിവാര്യമാണ് ഇസ്ലാം ശരിക്കും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തൗപ നിർബന്ധമാണ്ബന്ധമാണ് പശ്ചാത്താപനിർബന്ധമാണ് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടിരിക്കുന്ന ആളുകൾ പള്ളിയിൽ അവരിങ്ങോട്ടിരിക്കണം പടിഞ്ഞാറ് ചിവലക്ക് പാകയിട്ടിരിക്കണം ചാരി ഇരിക്കുന്നത് ഓർക്കം വരാൻ കാരണമാകും അതുകൊണ്ട് ചാരി ഇരിക്കുന്ന ചെറുപ്പക്കാർക്കൊന്നും വിട്ടിരിക്കുക ഉറക്കം വരുന്നവരുണ്ടെങ്കിലും സ്വപ്പ് മാറിയിരിക്കുക അല്ലെങ്കിൽ മുഖം കഴുകുക പുറത്തുപോയിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ജുമോ ആ സമയത്ത് പുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഉറങ്ങാൻ പാടില്ല നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ് പുതുമുഖങ്ങളായി പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ഒരു ഷഹസിലായി കൊള്ളുന്നില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പണ്ഡിതനെ ഖുർആൻ പഠിച്ച അരീത് പഠിച്ച പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പ്രമാണങ്ങൾ അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു ോട് നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങൾ പാപമോചനം തേടുകയും അവനിലേക്ക് നിങ്ങൾ മടങ്ങുകയും ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിനും മുഴുവനും പടച്ചവനോട് നിങ്ങൾ പാപമോചനം ഇത് വാജിവാണെന്നാണ് ദീനിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ നമ്മളോട് പഠിപ്പിക്കുന്നത് നോക്കി ഞങ്ങൾ പടച്ച റബ് കാരുണ്യകനാണ് ഞാൻ ഒന്ന് രണ്ടു വട്ടം സൂചിപ്പിച്ചു ഇതേ പത്ത് എന്റെയും നിങ്ങളുടെയും പാപത്തിൽ നമ്മൾ വന്നുപോയ വീഴ്ചയിൽ നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നതിൽ സന്തോഷിക്കുന്നു അള്ളാഹ സന്തോഷിക്കുന്നു ഭാര്യയുടെ സന്തോഷത്തിന് ഭർത്താവിന്റെ സന്തോഷത്തിന് മക്കളുടെ സന്തോഷത്തിന് മാതാപിതാക്കളുടെ സന്തോഷത്തിന് നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ സന്തോഷത്തിന് ഒരുപാട് ഒരുപാട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അതിനൊക്കെ വലിയ ജാഗ്രത പണിക്കുന്നവരാണ് അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ത്യാഗവും ചെയ്യാ എന്നാൽ എങ്ങനെയറിയോ പഠിച്ചോന് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയോട് ചെയ്തു എന്നിട്ട് അയാൾക്കത് തെറ്റാണെന്ന് ബോധ്യമായി അയാൾ അല്ലെങ്കിൽ തെറ്റാണെന്ന് അയാൾ ബോധ്യപ്പെടുത്തി കൊടുത്തു ആ തെറ്റ് തിരുത്താൻ അയാൾ തയ്യാറാകുന്ന മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരാളുടെ വാഹനം നഷ്ടമായി ഒട്ടക നഷ്ടമായി അങ്ങനെ ആ ഒട്ടകത്തെ തിരിഞ്ഞു നിരാശനായിരിക്കുമ്പോൾ ഇനി മരണമാണെന്ന് ഉറപ്പിച്ചു പോയൊരു മനുഷ്യന്റെ മുന്നിൽ ആ നഷ്ടപ്പെട്ടു പോയി ഒട്ടകത്ത് തിരിച്ചു കിട്ടിയാൽ അയാൾക്കുണ്ടാകുന്ന സന്തോഷം എപ്രകാരമാണോ അതിലേറെ അതിലേറെ അവന്റെ അടിമയുടെ അടിമകളുടെ സന്തുഷ്ടനാണെന്ന് റസൂർ വസ്ലാം വഴിതെറ്റിപ്പോയി ഒരൊട്ടകം മരുഭൂമിയില്ല തിരിച്ചു വരുമ്പോ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഉണ്ടാകുന്ന സന്തോഷം വേറെ ഹരിഫിൽ കാണാ റസൂ പറയാ പറഞ്ഞു പോകുന്നു അറിയാതെ പഠിച്ചവരെ നീ എന്റെ അടിമയും ഞാൻ എന്റെ ഉടമയുമാകുന്നു സുബ്രഹാനുള്ള അയാൾ അറിയാതെ പറഞ്ഞു പോണ വാക്കാൻ സന്തോഷം ആ ഒരു സന്തോഷത്തെക്കാൾ അതുകൊണ്ട് തന്നെ പാപമോചനം പശ്ചാത്താപം അത് അനിവാര്യമാണ് അള്ളാഹുന്റെ ഹബീബ് റസൂൽ കരീം സുല്ലാമ പോലും പാപമോചനം കേടാറുണ്ടെന്നാണ് നിങ്ങൾ ആലോചിച്ചോക്കി ഒരു തെറ്റുപോലും ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ റസ്റ്റ് മനസ്സുമാണ് മാനുഷികമായ അബദ്ധങ്ങൾ പോലും അങ്ങനെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല അള്ളാഹു വായന പക്ഷേ പാപമെന്ന് പറയാവുന്ന ഒന്നും പ്രവാചകന്മാരിൽ സംഭവിക്കില്ല അള്ളാഹുവിന്റെ ഹബീബിന് വിശേഷിച്ചു എന്നിട്ടും എന്നിട്ടും അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിപ്പിക്കുന്ന ഹരിയത്തിൽ കാണാൻ ഞങ്ങൾ ഞങ്ങൾ എണ്ണുന്നത് കണക്കാക്കാറുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് എന്ത് പറയുന്നത് എന്ത് പറയുന്നത് എന്താണ് ദിനം പ്രാവശ്യം അള്ളാഹുങ്കലിക്ക് ഞാൻ മടങ്ങുകയും പാപമോചനത്തിന് അർത്ഥിക്കുകയും ചെയ്യുന്നു ആരും ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല യും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയത് എത്രയാക്ക് ഒരൊറ്റവാക്ക് റബ്ബിന്റെ ഖജനാവിലേക്ക് കണ്ണുനട്ടിട്ട് മനസ്സ് മനസ്സ് പഠിച്ചിട്ട് റബ്ബിന്റെ മുന്നിലേക്ക് അള്ളാഹുയെറുക്കേണ്ടതാ ും അവരെ അറിയുന്ന ഭാഷയിൽ അവരാരെ മനസ്സിൽ നിന്ന് മാത്രം മനുഷ്യന്റെ فَإني فِي الْيَوْمِ إِلَى إِلَى اللَّهِ اللَّهِ جَمِيعًا جَمِيعًا أَيُّهَا الْمُؤْمِنُونَ لعلكم تُفْلِحُونَ നിങ്ങളിങ്കിലേക്ക് പശ്ചാത്തലമോയികളാവൻ വേണ്ടി നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ിൽ നിങ്ങൾക്ക് തൗബ അനിവാര്യമാണ് കൃത്യമായി പഠിപ്പിക്കുന്നു നിങ്ങളെ ആലോചിച്ചോയ്ക്കും നിങ്ങളോ ചോയ്ക്കും ഇനി സ്വാഭാവികമായും ുംബ്ബിംഗലേക്കുള്ള മനുഷ്യന്റെ സംരക്ഷിക്കാനുള്ള മനുഷ്യന്റെ തിരിച്ചു പിടിക്കാനുള്ള നമുക്കുണ്ടായി പോയ ഫിത്രത്തിന്റെ തിരിച്ചുപിടിക്കലിനുള്ള അനിവാര്യമായി റബ്ബു നിശ്ചയിച്ചു തന്ന രണ്ട് കാരണങ്ങൾ ഒന്ന് മറ്റൊന്ന് തൗവ രണ്ടും ഒരുപോലെ അനിവാര്യമാണ് എന്താ തൗവ ചെയ്ത എന്താ ഫാർ കൊണ്ട് മെച്ചം ആളുകൾ ഇപ്പൊ ആകെ ആലോചിക്കണം എന്താ എന്താ ഈ അടുത്ത് വിവാദത്തുകളൊക്കെ ഒരു തമാശയും കളിയും ലാഭവും ഒക്കെ നോക്കുന്ന അവസ്ഥയിലെത്തിണ്ട് ഈ അടുത്ത കല്യാണം കഴിഞ്ഞ നവദമ്പതികൾ അവര് പറഞ്ഞു അവർ പറഞ്ഞു ഒരു ഉമ്ര പാക്കേജ് സ്ഥാപനത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഉമ്രക്ക് പോകണം എന്താ ഇപ്രാവശ്യത്തെ ഞങ്ങൾ ഹണിമു അത് ഉമ്രയായിട്ടെന്താ ഹണിമൂൺ ഉമ്ര അതിലൊന്ന് <orphanage> <avanz passage> അവന് രക്ഷ നൽകുന്നതും അതേപോലെ എല്ലാ ദുഃഖത്തിൽ നിന്നും അള്ളാഹു അവന് സമാധാനം നൽകുന്നതും അവരുദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അവൻ അള്ളാഹു ആഹാരം നൽകുന്നതുമാകുന്നു അബൂദാബൂദിലെ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ മച്ച രണ്ടാമത്തെ മെച്ചം പറയും ശക്തമായി ചൂട് മനുഷ്യർ മുഴുവൻ പ്രയാസപ്പെടുക എല്ലാ ജീവജാലങ്ങളും പ്രയാസപ്പെടുക മനുഷ്യര് പ്രത്യേകിച്ച് പ്രയാസപ്പെടുക മനുഷ്യന്റെ കിണറിന്റെ അടിയിലെ ആ വരി വരെ വറ്റി ബക്കറ്റ് പാട്ട കപ്പ് കിണറിൽ മുങ്ങാതായി ആളുകൾ പ്രയാസപ്പെട്ടു എത്ര സ്വിച്ചിട്ടാലും കോഴിക്കണറി വഴി വെള്ളം ടാങ്കിലേക്ക് എത്തുന്നില്ല വെള്ളമില്ല വെള്ളല്ല പണം അവിടെ വെള്ളം വരാൻ കാരണമാവണില്ല പദവി അവിടെ വെള്ളം വരാൻ കാരണമാകുന്നില്ല സ്ഥാനമാനങ്ങൾ അവിടെ വെള്ളം വരാൻ കാരണമാകുന്നില്ല പക്ഷെ ഡബ്ലീസത്തെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പഠിച്ച വെള്ളത്തിനുള്ള സംവിധാനം എടുക്കുന്നു നമ്മളൊക്കെ പ്രയാസപ്പെടാൻ ഏറെ പ്രയാസപ്പെടാൻ മഴയില്ല ഏറ്റവും വലിയ പ്രയാസം െ നമുക്ക് കിട്ടേണ്ടെന്ന മഴ പോലും പടച്ചുറപ്പ് പരീക്ഷാമാണോ പാപമാണോ അറിയില്ല രണ്ടിലൊന്നാകാം മഴ ലഭിക്കാത്തതിന്റെ കാരണം പക്ഷേ എഴുപത്തിയൊന്നാം അധ്യായം സൂറത്ത് നോഹിന്റെ പത്ത് മുതൽക്ക് നമ്മൾ വായിക്കുമ്പോ നമുക്ക് ബോധ്യമാകുന്നത് അവിടെ മഴ കിട്ടാനാവശ്യമായൊരു പ്രക്രിയ പടച്ചു തമ്പുരാൻ തുറന്നു വെച്ചിട്ടുണ്ട് എന്താ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞുകൊടുക്കത്തെ ആദ്യത്തെ ആദ്യമായി ലോകത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നാൾ അല്ലേ അദ്ദേഹം പറഞ്ഞു തരിക അദ്ദേഹത്തോടുള്ള പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു പറയാം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാകുന്നു പാപമോചനം തേടിയ അള്ള പൊറുത്തിരുന്നു അവിടെ കിട്ടുന്നു ഇനിയോ യുറുക്കും അള്ളാഹു നിങ്ങൾക്ക് മഴ സമൃദ്ധമായി അയച്ചു തരാൻ പറ്റാക്ക് എന്താ പറയുക ഒരു വാക്കിൽ പഠിച്ചതം പുരാൻ തരാൻ പോണത് സമൃദ്ധമായ മഴ അവിടെ തീർന്നില്ല സ്വത്തുകൾ കൊണ്ടും മക്കളെ കൊണ്ടും അള്ളാഹു പരിപോഷിപ്പിക്കുന്ന മാത്രല്ല നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരുകയും നിങ്ങൾക്കവൻ അരികൾ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്നു എന്തെല്ലാം ഒരു മെച്ച ഒരു വാക്കുകൊണ്ട് കിട്ടാൻ പോകുന്നത് ഈ ആയത്തുകളെയും ഹരീതുകളെയും ഒക്കെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സംഗതി എന്തെയോ നമ്മൾ നടത്തുന്ന ഈ ഫാറുകൾ കൊണ്ട് ധാരാളം ഭൗതികമായ നേട്ടങ്ങളുണ്ടെന്നാണ് ഇത് മനസിലും മഫാസിലും പറയുന്ന കഥയല്ല അങ്ങനെ രണ്ട് കള്ള കിതാബുകൾ നാട്ടിലൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്ക് വായിക്കാൻ വേണ്ടി രണ്ട് കിതാവ് മനസിലും മഫാസ് ദുഃഖം നീങ്ങാൻ പ്രയാസം മാറാൻ കുടുംബജീവിതത്തിൽ സൗഖ്യാൻ മോളെ കെട്ടിക്കാൻ വാപ്പ പ്രശ്നങ്ങളൊക്കെ നീങ്ങി മക്കളായിട്ട് അടുത്തു വരാൻ ഒരു കച്ചവടം അങ്ങനെയല്ല സഹോദരങ്ങൾ നിങ്ങൾ അത് ശ്രദ്ധിക്കും അതുകൊണ്ടാണ് അഫ്സിലും ചില മൗല്യന്മാര് ചില വലിയ ആൾക്കാര് എഴുതി ഉണ്ടാക്കിയ കള്ളക്കഥല്ല എന്താ നേട്ടം അറിയോ ഒന്നാമത്തെ മെച്ചം പണ്ഡിതന്മാരുണ്ടത് അനുഗ്രഹീതമായ മഴ എങ്ങനെയെങ്കിലും മഴയല്ല നാട് മുഴുവൻ മുടിപ്പിക്കണ മഴയല്ല അല്ലെങ്കിലോ തീരെല്ലാതെ ചാറിപ്പോയി ഒരു മെച്ചമില്ലാത്ത ഒരു മഴയല്ല പിന്നെ മഴ എന്നില്ലാത്തുള്ള മഴ രണ്ടാമത്തോക്കത്തുള്ള സന്താനം ഈതല് ഒരു കാര്യമില്ല ആയിരം റുപ്യണ്ടായ നൂറ് റുപ്പ്യന്റെ മെച്ചം കൂടിയില്ല എന്തിപ്പോൾ കാട്ടി നമുക്കൊക്കെ അറിയില്ല ഒരു വർക്കത്തില്ലാത്ത മുതല് പതിവാക്കിയവരിൽ അവരുടെ സമ്പത്തിന് അള്ളാഹു വർക്കത്ത് ശരിയു അവിടെ തീർന്നില്ല അള്ളാഹുവിന്റെ ഈ വിഷയം വിശദീകരിക്കുന്നത് കാണാം അനുഗ്രഹീതരായ സന്താനങ്ങൾ അഥവാ കണ്ണിന് കുളിർമ കിട്ടുന്ന സന്താനങ്ങൾ തീരെ ഇല്ലാത്ത എന്താണോ അതൊക്കെ ഇനിയോ ജന്നാത്തിന്മാരും ധാറ തോട്ടങ്ങളും അരുവികളും മത ഒരു ഹസന നീണ്ടു നിൽക്കുന്ന ഉപജീവനമാർഗം അല്ലെങ്കിൽ സുഖം ഇനിയോ കുവത്തു ഇല്ലാ കൂവ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി ലാ ശിക്ഷണ്ടാവൂല എന്ത് ഒരാൾ പതിവാക്കിയാൽ അവർക്ക് അധ്യായം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കൂല സമൂഹത്തിന് പൊതുവെ ബാധിക്കുന്ന ശിക്ഷ വരില്ല ഭക്ഷണം മനുഷ്യന് കിട്ടുക ഒരുപാട് ഗുണങ്ങൾ ണക്കിന്റെ എല്ലാറ്റിലും റബ്ബ് വച്ച ഒരു കണ്ണും കാണാത്ത ഒരു ചെടിയും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യഹൃതയും ഊഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വിശാലമായ സ്വർഗരാജ്യം അവിടെ റബ്ബർ നേർക്കുനേരെ കാണാനുള്ള സൗഭാഗ്യം പഠിച്ചുകാലിക്കുന്നത് നോക്കി നിൽക്കാനുള്ള അള്ളാൻ അങ്ങനെ കാണാനുള്ള സൗഭാഗ്യം എന്തുകൊണ്ട് കിട്ടണം ഇതോടെ കിട്ടണം കാരണം വരാൻ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടി പാപമോചന പ്രാർത്ഥനകൾ അങ്ങനെ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ അതൊന്ന് ശ്രദ്ധിച്ച് ജീവിതത്തൊന്ന് ക്രമീകരിക്കൽ അനിവാര്യമാണ് കാരണം റമദാൻ കഴിഞ്ഞ് കുറേയായി ഇനി റമദാൻ വരാൻ കുറച്ചുണ്ട് അതിനിടയിൽ ഇടയിൽ അവരവന്റെ വിശ്വാസത്തെ ഒന്നും കൂടി ഒന്നും കൂടി ഉത്തേജിപ്പിക്കാൻ ഇമാനൊന്ന് ചാർജ് ചെയ്യാൻ ആവശ്യമായ പ്രത്യേകം പ്രത്യേകം സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തിയു അവിടെയാണ് തൗബയും ഒക്കെ നമുക്ക് സഹായകമായി വരുന്നത് ഖർഹാൻ നമസ്കാരവും ഒക്കെ സഹായകമായി ർ അത് മനുഷ്യന് ഗുണമായി വരുന്നത് അതുകൊണ്ട് നമ്മൾ ശരിക്ക് മനസ്സിലാക്കി അത് കൃത്യമായി ജീവിതത്തിൽ രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തുന്ന സ്വാനിഹികളിൽ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം അതിൽ അള്ളാഹു നമുക്കൊക്കെ തോഫീഫ് നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസികളെ വിശ്വാസികൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പഠിച്ചവനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക വിശ്വാസികളെ വിശ്വാസികൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടുന്ന ചില ഭാഗങ്ങൾ ഒന്നും നമുക്ക് സാധാരണ അറിയുന്ന അസ്തറുള്ള എന്ന് നമ്മൾ പറയുന്നത് അല്ലേ പ്രത്യേകിച്ച് നിസ്കാനം കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പ്രാവശ്യം പറയും അസ്തീം എന്നില്ല പ്രാവശ്യം അലീം അവിടെല്ല അലീം മോശായതുകൊണ്ടല്ല അല്ലാത്ത സമയത്ത് നമുക്ക് അസ്റ്റഫർ അലീം ഇപ്പോഴും പറയാം അല്ലെ അസ്തീം അച്ചുപുലി അങ്ങനെയൊക്കെ ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടത് മരിക്കുന്നതിന് മുമ്പ് ധാരാളമായി ചൊല്ലിക്കൊണ്ടിരുന്ന എന്താ റസൂൽ ചൊല്ലിയത് ഏറ്റവും ശ്രദ്ധേയമായ എങ്ങനെ തട്ടിയാലും തട്ടിയാലും നീങ്ങി പോകാത്ത എണ്ണൂറ്റി പതിനേഴ് ഒന്നില്ലൊന്ന് വളരെ ലളിതമായ നമ്മുടെ മനസ്സിൽ അർത്ഥം കടന്നു വന്ന വീ രണ്ടാമത്തെ ശ്രദ്ധേയമായ അബി മസ്തൂ നിവേദനം ചെയ്ത എന്താണ് ആരെങ്കിലും അള്ളാഹുബിനോട് ഞാൻ തൊഴിലോ എന്നും നിയന്താവുമായ അവനല്ലാതെ മറ്റാരുമില്ല ഞാൻ അവനിലേക്ക് പശ്ചാത്തലവെച്ച് മടങ്ങണോ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന ഈ ആരെങ്കിലും നടത്തിയാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് സൂക്ഷിക്കേണ്ട പാപങ്ങളെ പറ്റി നമ്മൾ ചർച്ചിത് വന്നില്ലേ നീ വരാൻ പോണില്ലേ അതൊക്കെ പൊറുക്കാനുള്ള ഏത് വരെ നിറയുന്നത് എണ്ണിപ്പോയൊരു സംഗതി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോക അയാൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടെ ആളാണെങ്കിലും ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത്ര എഫക്റ്റീവ് റസൂൽ കരീം സുല്ലാടിപ്പിക്കുന്നത് അബൂദാബൂദിലെ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴും അതുപോലെ നമുക്ക് പരിചയമുള്ള ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ പുസ്തകങ്ങൾ പുറത്തു കിട്ടും നമ്മുടെ വീടുകളിൽ ഉണ്ടാകും ഹദീത്തിന്റെ ഗ്രന്ഥങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതിലുണ്ടാകും അതിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി വായിച്ച് പഠിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം കാരണം കിട്ടുന്ന മെച്ചങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇസ്തി ജീവിതത്തിന്റെ ഭാഗമാകണം ഏതു സമയവും ഏതു സാഹചര്യത്തിലും ഏ തെറ്റെ ചെയ്യ പിന്നെ അസ്താഫ പിന്നെയും ചെയ്യാ പിന്നെ അസ്താഫ അങ്ങനത്തെ ചർച്ച തന്നെ ഇവിടെ അതിനെ കുറിച്ചല്ല അവിടെ ചർച്ച അവിടെ അതല്ല ചർച്ച പലിശപ്പണവുമായി ബന്ധപ്പെടാ പുറത്തേക്കിറങ്ങി അസ്തഫറുള്ള പിന്നേം ബാങ്ക് കയറ പിന്നെ ഏ അതേ ചെടി സ്വന്തം മാപ്പാന്റെ ഉമ്മാന്റെ മോത്തോട്ട് പച്ച തെറി പറയാ എന്നൊരു പിന്നെ അസ്തഫറുള്ള അങ്ങനത്തെ കുറിച്ചല്ല ചർച്ച അതിനെ കുറിച്ച് ചർച്ച അവിടെ ഇത് വിശ്വാസികളെ പറ്റിയല്ല ചർച്ച ചെയ്ത് സാധാരണ നമ്മൾ വന്നുപോകുന്ന അശ്രദ്ധമായി സംഭവിക്കുന്ന പാപങ്ങളെ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയ അത് വേറെ തന്നെ പറയാണ്ട് ഇൻഷാല്ല നമുക്കത് മറ്റൊരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പാപങ്ങള് വിശദീകരണം അവസാനിക്കുന്ന തനുശാല് നമുക്കതാകാം സഹോദരങ്ങളെ പത്തൊമ്പതിൽ രണ്ടാമതായിരിക്കും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മഴയില്ല എല്ലാരും പറയും മഴയില്ല എന്താ ചൂട് എന്തപ്പോ നമ്മൾ കാട്ടരു മാപ്പ മോനോടും മോ വാപ്പാനോടും ഉമ്മ മക്കളോടും ഭാര്യ ഭർത്താനോടും ഒക്കെ പറയാം ആർക്കും പ്രതികൃതി അറിയില്ല വിശ്വാസികളൊരു പ്രതികൃതി മഴ പെയ്യാൻ ചൂട് മാറാൻ പരീക്ഷണങ്ങൾ ഒന്ന് രക്ഷപ്പെടാൻ എന്താ പ്രതികരി പഠിപ്പിച്ചെന്ന പ്രസംഗത്ത് എന്താ പ്രതികൃതി ഒന്ന് പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥന പശോനെ മൃഗം കൊണ്ട പ്രാർത്ഥിക്കുക മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കൈപിടിക്കാം ഏട്ടോ ഇങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ കൈവിളിക്ക ഇങ്ങനെ കൈപിടിച്ചു രണ്ട് കഷവും വെളിയിൽ കാണുന്ന അത്ര ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു രണ്ടും ആശയത്തിലും തന്നെ മഴക്ക് വഴിയാണ് അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥന സലഹിസ് ഉൽ ബുഹാരിയിലെ ആയിരത്തി പതിനാലാമത്തെ നമ്പർ ഹരി ഇവിടെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ അറിയോ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ചെയ്യേണ്ട കാര്യം നാളെ മറ്റന്നാൾ ഏതു ദിവസം തിരഞ്ഞെടുക്കുക ഇത് ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ ഏത് നമസ്കരിക്കുന്നത് അവിടെ മൈതാനി അല്ലെങ്കിൽ പറമ്പിൽ വാടത്ത് എങ്ങനെയാ അനിബിനെ അഡ്ബാസ് എന്ന തീർത്ഥാഹനുഭവാലം എന്താ പറഞ്ഞത്യഭക്തിയോടെ സാവകാശത്തിൽ വണക്കത്തോടെ പുറപ്പെട്ടു എവിടൊക്കെ നമസ്കരിക്കാനായി തുടർന്ന് പെരുന്നാൾ നമസ്കാരം പോലെ അദ്ദേഹം കമാൻ യുസൽ രണ്ടരക്കത്ത് നമസ്കരിച്ചു പെരുന്നാൾ നമസ്കാരം പോലെ രണ്ടരക്കത്ത് നമസ്കാരം എന്നിട്ട് മെമ്പറിലേക്കൊക്കെ തിരിച്ചുണ്ട് രണ്ട് രീതിയിലും വന്നിട്ടുണ്ട് പക്ഷെ ഇതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച രൂപം അവിടെ നമസ്കരിച്ചിട്ട് അങ്ങനെ പിരിഞ്ഞു നമസ്കാരത്തിന് ശേഷം ഇമ്പറിൽ വന്ന് ഹുത്തുബ് നിർവഹിച്ചതുണ്ട് ഹുത്തുബ എന്ന് പറയുമ്പോൾ സാധാരണ റസൂർ വെള്ളിയാഴ്ച നിർവഹിക്കണ ഹുത്തുബ പോലെ പ്രസംഗമല്ല ഇവിടെ ഹുത്തുക കൊണ്ട് ഉദ്ദേശിക്കുന്ന റസൂർ നടത്തിയത് പ്രാർത്ഥനയാണെന്നാണ് അബു ഹനീഫ് റഹ്മുള്ള ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം കാരണം ഹനഫി ഇമാമിന് മാത്രമേ നിസ്കാരം മാത്രമേ ഉള്ളൂ ഹുത്തുബല്ലാന്ന് അഭിപ്രായമുള്ളൂ ബാക്കി എല്ലാ ഇമാമിങ്ങളും നിസ്കാരവും ഹുത്തുവയും ഉണ്ടെന്ന അഭിപ്രായക്കാരൻ അത് മസ്കലയാണ് ാണ് മറ്റൊരു വിഷയം പക്ഷെ നമ്മൾ വിളിച്ച അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇതുപോലെ ഒരു ഒഴിഞ്ഞ ദിവസം നോക്കിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും മൈതാനം ബുക്ക് ചെയ്ത് അവിടെ ചെന്നിട്ട് അള്ളാഹുവിന്റെ റഷ്ണത്തിന് വേണ്ടി നമസ്കരിക്കണം നമ്മളത് പഠിപ്പിക്കണം താടി കാണിച്ചു കൊടുത്തു നമ്മളാ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് ധരിച്ച് ജനങ്ങളെ പഠിപ്പിച്ച് നമ്മളാ ഇസ്ലാമിക വിവാഹ രീതി ജനങ്ങളെ പഠിപ്പിച്ച് നമ്മളാ അമ്മനോടും അപ്പനോടും പെരുമാറേണ്ട സംസ്കാരം ആയതും പഠിപ്പിച്ച് നമ്മള് എല്ലാവിധങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും മനുഷ്യരാശിയെ കിതാബിന്റെ സുന്നത്തിന്റെ പ്രമാണത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോയത് നമ്മള് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുന്നത്ത് ഫലപ്രദമാക്കണം എല്ലാവരും വരണം അതിനു പറ്റുന്ന ഒരു തീയതി വിഷാ നമ്മള് കണ്ടെത്തും വേണം ഞാൻ നേരത്തെ വരെ പ്രധാനപ്പെട്ട ആളുകളുമായി കൂടി ആലോചിക്കാത്തതുകൊണ്ട് ഒരു തീയതി പറയാൻ കഴിയില്ല പക്ഷെ ഇൻഷാല്ല നിങ്ങൾ അത് അറിയിക്കും കാരണം നടക്കണം നിസ്കരിക്കണം എന്തിന് എന്തിന് അള്ളാഹുവിന്റെ റഹ്നത്ത് വരാൻ അള്ളാഹുവിന്റെ റഹ്നത്ത് വരാൻ കാരണം വളരെയധികം പ്രയാസത്തിലാണ് എനിക്കും നിങ്ങൾക്കറിയാം വീട്ടിലെ നമ്മുടെ കിണറിൻ്റെ അടിയിൽ എവിടെയാ വെള്ളം നിൽക്കുന്നറിയാം അല്ലേ കോരി കൊണ്ടുവര ചിലടുത്ത് വിശാലമായി പറമ്പും പാടൊക്കെ ഉള്ള പ്രദേശങ്ങൾ വരെ വണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സ്ത്രീകളും എല്ലാം വെച്ചിട്ട് എവിടെന്നറിയങ്ങള് എവിടെ ഉത്തരേന്ത്യയിലല്ല തമിഴ്നാട്ടിലല്ല വെള്ളത്തിന് ജലത്തിന് ക്ഷാമവും ഇല്ലാത്ത ഏറ്റവും സ്വർഗമെന്ന് പറയാവുന്ന ഏത് ലോകത്തിന്റെ ഏത് നാഷ്ടങ്ങളിലും സഞ്ചരിച്ചു പോയ ഇതൊരു കൊച്ചു സ്വർഗമാണെന്ന് പറഞ്ഞ ഈ ഭൂമി മലയാളത്തിൽ വെള്ളം മുട്ടിയ ജനങ്ങൾ പൊതു മുട്ടിയ ജനങ്ങൾ കൂട്ടരെയും ആലോചിക്കേണ്ടത് നമ്മുടെ പാപം വർദ്ധിച്ചതാകില്ലേ കാരണം അല്ലേ നമ്മുടെ പാപങ്ങൾ ഓരോ ദിവസവും കേന്ദ്രങ്ങൾ അധികരിക്കുന്നു ടൂറ് അധികരിക്കുന്നു ഹറാമുകൾ അധികരിക്കുന്നു ഏത് കുടുംബത്തിലും ഏത് വീട്ടിലും ഏത് വ്യക്തിയിലും തിന്മ വർദ്ധിക്കുന്നു ആളുകളും മുങ്ങിക്കൊടുക്കില്ല തിന്മയിൽ അടച്ചു കൊടുത്തുക്കുലേ അടച്ചുക്കുലേ അതുകൊണ്ട് ഈ മഴ പെയ്യാത്തതിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ജലക്ഷാമത്തിൽ ഓരോ വ്യക്തിയും ആലോചിക്കേണ്ടത് മുസ്ലിം ആലോചിക്കേണ്ടത് മുബ്മിൻ ആലോചിക്കേണ്ടത് ഈ ഹൊത്തുമ്പിൽ ഇവിടെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ആലോചിക്കേണ്ടത് ഞാനാണോ കാരണം എന്റെ ഭാവമാണോ എന്റെ രക്ഷിതാക്കൾക്ക് വെള്ളം കൂട്ടാൻ കാരണം എന്റെ ഭാവമാണോ തെറ്റ് ചെയ്തിട്ടില്ലാത്ത എന്റെ പിഞ്ചോമര കുഞ്ഞുങ്ങളുടെ നാവനരക്കാൻ പോലും തൊട്ട് കൊടുക്കാൻ പോലും വെള്ളമില്ലാത്തതിന്റെ കാരണം മലീവസമായ തോട്ടിൽ നിന്ന് പൊടിക്കാരം ചേർത്ത് ാതെ ലോകത്തിന്റെ ലോകത്തിന്റെ തമ്മിത്തത്തിന്റെ കുറിയിലേക്ക് അകപ്പെട്ടുപോയ ആളുകളാണോ ഇതാലോചിക്കുക അല്ലല്ലോ നമ്മളല്ലേ ആലോചിക്കേണ്ടത് എന്റെ ഭാഗമാണോ നമ്മുടെ എന്നെയോ എന്റെ കുടുംബത്തെയോ നശിപ്പിക്കലെന്നോട് നിരന്തരമായ പാപമോചന പ്രാർത്ഥന സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് അനുഗ്രഹീതമായ മഴയെ നൽകി നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ അടച്ചവനെ ഞങ്ങൾക്ക് നീ മഴയെ നൽകി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കണ്ണതകളിലും കുളങ്ങളിലും ജലാശയങ്ങളിലും നീ വെള്ളം നിറക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളാണ് മഴയെ ആ ഉപരിയിൽ നിന്ന് താഴേക്ക് വരുന്നതിന് തടസ്സമായതെങ്കിൽ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് ഞങ്ങളോട് നീ കരുണം കാണിക്കണേനാഥ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മഴ ചൊരിയണ ഈ വല്ലാത്ത ചൂടില്ലെന്ന് ഞങ്ങൾ നീ കരകയറ്റാഥ പഠിച്ചവരെ ഈ ചൂടിന്റെ അസഹനീയതയില്ലെന്ന് ഞങ്ങൾ നീ കാത്തണേനാഥ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിന്റെ മേഖലകളിൽ വ്യത്യസ്തമായ മേഖലകളിൽ ഇടപാടുകളിൽ ഇടപെടലുകളിൽ അബദ്ധം ഞങ്ങൾ ഞങ്ങളോട് നീ പൊറുക്കണേ മനസ്സുകൾ ഞങ്ങൾക്കിടയിലുള്ള ഞങ്ങൾക്ക് നീ ത്ത് നൽകി ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾക്ക് നീ കൺ കൊഴമ്പ് നൽകി ഞങ്ങളുടെ ഇണകളെ അനുസരണമുള്ളവരാക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ൾക്ക് പ്രദാനം ചെയ്യണേ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുടെ ശാരീരികമായി അനുഭവിക്കുന്ന മാനസികമായി സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുടെ മാനസിക സംഘർഷത്തിന് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ ശാരീരികെ ലോകത്തിന്റെ മുഴുവൻ മേഖലകളിലും നീ സമാധാനം ചെയ്യണേഹേ ഞങ്ങൾക്ക് അനുഗ്രഹീതമായ മഴയെ ഒരിക്കൽ കോടി മുന്നിലേക്ക് കര ഉയർത്തുന്നതാ അനുഗ്രഹീതമായ മഴയെ ശുഞ്ഞ് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ുംങ്ങൾക്ക് <like religion> അല്ല ഇവിടെ